സത്യവിശ്വാസികളെല്ലാം ഒന്നിച്ച് യുദ്ധത്തിന് പുറപ്പെടേണ്ടതില്ല അതിനാൽ അവരിലെ ഓരോ വിഭാഗത്തിൽ നിന്നും ഒരു സംഘം മതവിജ്ഞാനം ആർജിക്കാനും അവർ തങ്ങളുടെ ജനതയിലേക്ക് മടങ്ങി ചെന്നാൽ ചെയ്യാനും പുറപ്പെടുകയില്ലേ അങ്ങനെ ജാഗ്രത പാലിച്ചേക്കാം